പാർത്ഥസാരത്തിരുപേണ ശ്രാവശു കൃപാമൂർ ആദ്യത്തെ രണ്ട് ശ്ലോകം വായിക്കാം ചൊല്ലാം ീഭവാൻ ഉച്ച അനശ്രിത്മഫലം കാര്യോ സസീജയോ ചീരഗ്നിർ ചാക് യം സംസമിതി പ്രാഹു യോഗം തം വിം നസന്യസ്തസങ്കൽപോ യോഗാത്തിമതി ഗതി എന്നാണ് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത് ശാന്തി എന്നുള്ളത് നമ്മളുടെ സ്വരൂപമാണ് എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ശാന്തി ഇല്ലെങ്കിൽ സുഖം എവിടെ അശാന്തസ്യ കുതസ്സുഖം ഭഗവത്ഗീതയുടെ സന്ദേശമായിട്ട് തന്നെ ഈ ശ്ലോകമെടുക്കാം അശാന്തസ്യ കുതസ്സുഖം ശാന്തി ഇല്ലെങ്കിൽ എവിടെ സുഖം മനസ്സിന്റെ ചാപല്യമാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് അത് ശരിയല്ല ശാന്തിയാണ് സുഖം മനസ്സടങ്ങുമ്പോൾ ഏർപ്പെടുന്നതാണ് സുഖം ആ സുഖം നമ്മളിൽ തന്നെ നമ്മുടെ സ്വരൂപമാണ് എന്ന് ഇന്നലെ നമ്മൾ ഒരു നിരൂപണം ചെയ്തു യോ അന്തസ്സുഖ അന്തരാരാമ തഥാ അന്തർജ്യോതിരേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗതി സുഖം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ് നിത്യനിരന്തരമായ സുഖം ബ്രഹ്മാനുഭവം നേടിയെടുക്കാവുന്നതല്ല നേടിയെടുക്കേണ്ടതല്ല സിദ്ധമാണ് കിട്ടിയിട്ടുള്ളതാണ് അശ്രദ്ധ കൊണ്ട് മാത്രം അനുഭവത്തിൽ വരാത്തതാണ് മൂക്കത്ത് വച്ച കണ്ണട അന്വേഷിക്കുന്ന പോലെ നമ്മൾ അതിനെ പുറമേക്ക് അന്വേഷിക്കുകയാണ് നമുക്ക് സിദ്ധമാണ് നമ്മളുടെ സ്വരൂപമാണത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ വ്യക്തിയുടെ അല്ല സത്തയുടെ ആണ് ഭഗവാന്റെയാണ് ബ്രഹ്മത്തിന്റെ ആണ് സ്വ ആത്മാവിന്റെയാണ് പിന്നെ എന്താ അത് അനുഭവപ്പെടാത്തത് എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോണില്ല അധ്യാത്മ ജീവിതം എന്ന് മനസ്സിനെ ശ്രദ്ധയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സാധന സ്പിരിച്വൽ പ്രാക്ടീസ് നമുക്ക് മനസ്സുണ്ട് ശ്രദ്ധയില്ല ശ്രദ്ധ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ പ്രയോഗിക്കണുണ്ട് പക്ഷെ അതെന്താന്ന് നിശ്ചയില്ലാതെ പ്രയോഗിക്കണം സ്കൂളിലൊക്കെ ടീച്ചർമാർ കുട്ടികളുടെ അടുത്ത് പറ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം ആ വാക്ക് പുറമേക്കുള്ള മനസ്സിൻ്റെ ശ്രദ്ധയെ അധ്യാത്മവിഷയത്തിൽ ശ്രദ്ധയെന്ന് പറയാൻ പാടില്ല ആഗ്രഹം കൊണ്ട് ഉണ്ടാവുന്ന ഒരു തരം ഏകാഗ്രതയാണ് നമ്മൾ ശ്രദ്ധയെന്ന് വിളിക്കുന്നത് അത് എളുപ്പമാണ് സ്വാഭാവികമായ അജ്ഞാനം കൊണ്ട് മനുഷ്യന് അവനവന് ഇഷ്ടമുള്ള പദാർത്ഥത്തിൽ ഒരു ഏകാഗ്രത ഉണ്ടാവും ആ ഏകാഗ്രതയെ ശ്രദ്ധയെന്ന് പറയാൻ പാടില്ല അത് ആസക്തിയാണ് അങ്ങനെ ഉണ്ടാവുന്ന അറ്റൻഷൻ എപ്പോഴാണോ ഈ ബാഹ്യമായ യാതൊന്നും നമ്മളെ ആകർഷിക്കാതെ നമ്മളോട് തന്നെ നമുക്കൊരു ഫാസിനേഷൻ വരണത് നമ്മളോട് തന്നെ നമുക്കൊരു അറ്റൻഷൻ വരണത് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നത് നമ്മുടെ തന്നെ ആന്തരികത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാവണത് അപ്പോഴാണ് അതിന് ശ്രദ്ധയെന്നു പേര് ആ ശക്തിക്ക് പ്രത്യക് പ്രവാഹിനി ശക്തി ഇപ്പൊ ബഹിർമുഖമാണ് മനസ്സിങ്ങനെ പോവാ വളരെ എളുപ്പം അത് തന്നെ തൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് തന്നെ തന്നെ ചോദ്യം ചെയ്യുകയാണ് തൻ്റെ ഇരുപ്പിനെ തന്നെ കണ്ടു തുടങ്ങുകയാണ് അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അത്തരത്തിലൊരു ശ്രദ്ധയാണ് ധ്യാനത്തിന് കാരണമാവണത് അതിന് എന്താണ് ഇപ്പോ തടസ്സം വിഘ്നം എന്താ നമുക്ക് അങ്ങനെ ആയിക്കൂടെ എന്നുവെച്ചാൽ അതിന് വിഘ്നം കാമ കർമ്മം എന്നാണ് പറയുന്നത് അവിദ്യ കാമ കർമ്മം അജ്ഞാനം കൊണ്ട് പുറമേ നിന്നും പലതും നേടിയെടുക്കാനുണ്ട് എന്ന് ധരിക്കണം അതാണ് അവിദ്യ അജ്ഞാനം കൊണ്ട് എന്റെ പൂർണ്ണതയ്ക്കായി ഞാൻ മറ്റു പലതും വേണം എനിക്ക് എന്നെ പൂർണമാക്കാനായി എനിക്ക് പുറമേ നിന്നും പല സാധനങ്ങൾ ഏച്ചു കൂട്ടിയിട്ട് വേണം ഞാൻ പൂർണ്ണമാവാൻ എന്നൊരു ധാരണയുണ്ട് അതാണ് ആദ്യ അവിദ്യ ആ അവിദ്യയാണ് നമ്മൾ ഇന്നലെ നീക്കം ചെയ്തത് വി ആർ ഹോൾ പെർഫെക്റ്റ് പൂർണ്ണമാണ് നമ്മള് നമ്മളുടെ പൂർണതയ്ക്ക് പുറമേ നിന്നും ഒരു വസ്തുവിന്റെ ആവശ്യമില്ല ശരീരം കൂടാതെ തന്നെ പൂർണ്ണരാണ് മനസ് കൂടാതെ തന്നെ പൂർണരാണ് ബുദ്ധി കൂടാതെ തന്നെ പൂർണരാണ് പെർസനാലിറ്റി ഡെവലപ്മെന്റ് എന്നാണല്ലോ അപ്പോ ഏറ്റവും ആഗ്രഹമുള്ളത് പെർസനാലിറ്റി ഇല്ലാതെ തന്നെ നമ്മൾ പൂർണരാണ് അല്ലേ എവിടെയാവപ്പെടുന്നത് സുഷുബ്ധിയിലേ നില വരാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാണ് ഉറക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഉറക്കം എന്ന അനുഭവത്തിനെ ശ്രദ്ധിച്ചാൽ അവിടെ ഇതൊന്നുമില്ലാതെ പൂർണ്ണതയുണ്ട് അവിടെ ഒന്നും ചേർക്കാൻ പറ്റില്ല അതൊന്നൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ പൂർണത നമുക്ക് സ്വതസിദ്ധമാണ് അതിനെ ഒന്നും എടുക്കാനോ കൊടുക്കാനോ ഇല്ല പുറമേ നിന്നൊന്നും നേടിയെടുത്തിട്ടല്ല നമ്മൾ പൂർണ്ണ ആവണത് പുറമേ നിന്നും നമ്മളിൽ വന്ന് ഒട്ടിപ്പിടിച്ചിട്ടുള്ളതിനെ പതുക്കെ നീക്കം ചെയ്യണത് കൊണ്ടാണോ പൂർണത വരണത് എന്ന് അറിയണു ആദ്യം വിദ്യ അടുത്തപടി കാമം കാമം എന്ന് വെച്ച ആഗ്രഹം ഈ അവിദ്യയിൽ നിന്നാണ് കാമം വരണത് എന്നെ പൂർണമാക്കണമെങ്കിൽ എനിക്ക് പുറമേ നിന്നും പല പദാർത്ഥങ്ങൾ വേണമെന്ന് ധരിച്ചിരിക്കണത് കൊണ്ടാണ് വസ്തുക്കളോട് ഓരോന്നിനോടും മനസ്സ് പോയി പറ്റി അതുകൊണ്ട് പലതും നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണു കർമ്മം കർമ്മം ചെയ്യാൻ കർമ്മം എന്നുള്ളത് ആളുകളൊക്കെ ഗീതയെ ഈസി ആയിട്ട് കോട്ടേഷൻ കൊടുക്കും കോട്ടിയും ഉദ്ധരിക്കുക ഭഗവത്ഗീത ഗീതയിൽ പറഞ്ഞ പോലെയാ ഞങ്ങള് ജീവിക്കണത് എന്താ ഗീതയിൽ എന്താ ഭഗവാൻ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ ഭഗവത്ഗീതയെ ഉദ്ധരിക്കണതാണ് ഭഗവാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രവൃത്തിയല്ല വാസ്തവത്തിൽ ഭഗവാൻ പറഞ്ഞ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യണതെങ്കിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ രീതിയിലാണ് കർമ്മം ചെയ്യണതെങ്കിൽ നമ്മൾ ആ കർമ്മം കൊണ്ട് ഒരിക്കലും ബദ്ധരാവല്ല നമ്മൾ പൂർണരാകുന്നു പൂർണ്ണരാവണ്ടെന്ന് തോന്നണെങ്കിൽ അതായത് പൂർണത എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് ആണ് പ്രകൃതിയുടെ ദുഃഖം ഒന്നും ഇനി മേലാൽ എന്നെ ബാധിക്കില്ലെന്നുള്ള പൂർണ്ണത എനിക്ക് പ്രകാശിക്കണമെങ്കിൽ ഞാൻ കർമ്മയോഗിയാണെന്ന് സമാധാനിക്കാം അങ്ങനെ ഒരു കർമ്മയോഗികളല്ല ലോകത്തില് നമ്മൾ കർമ്മം ചെയ്യണത് കർമ്മയോഗമല്ല കർമ്മരോഗമാണ് അതുകൊണ്ട് ആ കർമ്മരോഗം കർമ്മദ്രോഹമായിട്ട് തീരുകയാണ് നമുക്കും ദ്രോഹം മറ്റുള്ളവർക്കും ചിലപ്പോൾ ദ്രോഹം മറ്റുള്ളവർക്ക് ദ്രോഹം ആവുമോ ആവില്ലയോ നമുക്ക് ദ്രോഹമാവും എന്താന്ന് വെച്ചാൽ ഈ അറ്റാച്ച്മെന്റ് രാഗദ്വേഷത്തോടുകൂടെ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ സ്വരൂപത്തിനെ അന്തര്യാമിയെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ മറയ്ക്കുന്ന ഒരു മറകൂടെ അജ്ഞാനം അപ്പം കർമ്മം അതുകൊണ്ടാണ് ജ്ഞാനത്തിന് ഒരു മുന്നോടിയായിട്ട് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് കർമ്മയോഗത്തിനെ പറഞ്ഞത് ഭഗവാൻ ധ്യാനത്തിനൊരു മുന്നോടി ജ്ഞാനം ധ്യാനം രണ്ടായിട്ട് നിൽക്കില്ല ശരിയായ ജ്ഞാനം അതിനോട് കൂടെ ധ്യാനം ഉണ്ടാവും ധ്യാനം എന്നുള്ളത് ഭഗവാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ധ്യാനം അപ്പൊ അതിനു മുമ്പ് ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കണതിനു മുമ്പ് ആദ്യത്തെ പടിയാണ് ഈ കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ അവിദ്യയാണത് നമ്മൾ ശരീരം എടുത്ത് ലോകത്തിൽ വന്നിരിക്കണോ അതിന് ചില കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ അത് നമ്മളെടുത്ത് ചോദിക്കാതെ തന്നെ ആ ശരീരം ചെയ്യും അത് മറ്റൊരാശ്ചര്യമാണ് ചെയ്തു തീർക്കാനുണ്ട് എന്ന് വെച്ചാൽ അതൊരു റെസ്പോൺസിബിലിറ്റി അല്ല ബട്ട് ഇറ്റ് ഈസ് എ നാച്ചുറൽ തിങ് നമ്മളോട് ചോദിക്കാതെ തന്നെ ആ ദേഹം നിങ്ങളുടെ അടുത്തൊന്നും ചോദിക്കും നമ്മൾ വിചാരിക്കുകയാണ് നമ്മളുടെ ദേഹമാണെന്ന് ഒരു അവിദ്യയിൽ ഇരിക്കുകയാണ് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഹം പറയും നീ ആരോ ഞാനാറോ അത് ഇറ്റ് ഡിക്ലെയർ ഫ്രീഡം അത് സ്വതാ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും കാലം എഴുന്നേപ്പിക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കില്ല നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങില്ല ഉറങ്ങണ്ടെന്ന് പറയുമ്പോൾ ഉറങ്ങും അത് പറയണത് അത് നമ്മളോട് നോൺ കോപ്പറേഷനാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് നീ വേറെ ഞാൻ വേറെ ദേഹം പ്രകൃതിയുടെ സാധന ആദ്യത് മനസ്സിലാക്കണം മുമ്പിൽ നിൽക്കുന്ന ഒരു വേപ്പ് മരത്തിനെ കുറിച്ച് അറിയില്ല അതുപോലെ തന്നെ എന്റെ ദേഹത്തിനെ കുറിച്ചും എനിക്കൊന്നും അറിയില്ല ആ വേപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രക്രിയകൾ നടക്കണുണ്ട് എന്ന് ഇപ്പൊ നമുക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജെറ്റ്സ് വെച്ച് നോക്കിട്ട് വേണം അറിയാൻ അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള പ്രക്രിയകൾ അറിയണമെങ്കിലും എന്തെങ്കിലും പുറമേ നിന്ന് ഗാഡ്ജെറ്റ്സ് വെച്ച് നോക്കിയിട്ടാണ് മനസ്സിലാക്കണത് സ്വയമേ ഒന്നും അറിയണില്ല എന്നിട്ട് എന്തിനു ഈ ദേഹം എന്തിയാണെന്നു ഞാനാണെന്നൊക്കെ പറയണു ദേഹം ഞാനും ദേഹം എന്റെയുമല്ല അതിനോട് എനിക്ക് സംബന്ധമില്ല It has appeared in nature. It's an appearance. And it will disappear without your permission. That is why we are protecting our body. That is why we will do it. What we will do is we will do it. അതൊരു മിസ്റ്ററി ആണ് നമ്മൾ ശ്രദ്ധിക്കും തോറും നമുക്ക് കാണാം ഈ ദേഹം കർമ്മം ചെയ്യണത് നമ്മളുടെ അഹങ്കാരത്തിന്റെ ശക്തി കൊണ്ടല്ല അതിൻ്റെ തന്നെ സ്വതന്ത്രമായൊരു പവർ കൊണ്ടാണ് നമ്മൾ ചിലപ്പോ ഹൈവേയിൽ നടക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വീണുന്ന് വരും സൈക്കിളോ ബൈക്കോ ബസ്സോ ഒക്കെ ഇടിച്ചു വരാം പക്ഷേ ഇന്നത്തെ റിസർച്ചില് ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസം പറയണത് ഉറക്കത്തിൽ നടക്കണവരുണ്ടല്ലോ സോമനം പുളി ചിലര് ഹൈവേയിൽ ഇറങ്ങി നടക്കുക ഉറക്കത്തില് പക്ഷെ ഒരിക്കലും ഒരു തെറ്റു എന്നാണ് ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്നവൻ ഹൈവേയിൽ ഇറങ്ങി നടന്നാൽ വാഹനങ്ങൾ പോകുന്ന ഹൈവേ കൂടി നടന്നാൽ അയാളുടെ മേലെ ഒരു വാഹനം മുട്ടുകയോ അയാൾ എവിടെയെങ്കിലുമൊക്കെ വീഴുകയോ ഒന്നും ചെയ്യാതെ അയാളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മാത്രം മതി അയാൾ എതുവരെ നടന്നിട്ട് വരണോ നടന്നിട്ട് വന്ന് സുഖമായി കിടന്നോർഗും വീണ്ടും ആ ശരീരം ആ പ്രവൃത്തി എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു ആശ്ചര്യമാണ് വാസ്തവത്തിൽ നമ്മളും തെറ്റുകൂടാതെ ചെയ്യുന്ന പല കർമ്മങ്ങളും ബോധപൂർവമല്ല അടുക്കളയിൽ പാചകം ചെയ്യുന്നവർക്ക് പലർക്കും അറിയാം നല്ലവണ്ണം ഇന്ന് പാചകം ചെയ്യണം എന്ന് വിചാരിച്ച കുള ആവും പതിവായിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ അതിന് നല്ല രുചി ഉണ്ടാവും പലതും നമ്മൾ സോമനം പൊളിച്ചാണ് നമ്മൾ ഒരു എയ്റ്റി പെർസെന്റ് സോമനം നമ്മൾ ജാഗ്രത കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ അലേർട്ട്നെസ് ആണ് അല്ലാതെ അപ്പൊ അതാണോ പറയണത് ജ്ഞാനികൾ പറയണത് ശരീരത്തിനോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമേ ഇല്ല നിങ്ങൾ അതിനെ വിട്ടതുകൊണ്ടും അത് ഞാനല്ലാന്നും നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു കുഴപ്പവും വരില്ല എന്ന് മാത്രമല്ല എന്ത് പ്രവൃത്തി ചെയ്യാനാണോ അത് ഈ ലോകത്തിൽ അവതരിച്ചിരിക്കണത് അത് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിട്ട് പോയിക്കൊള്ളുക കർമ്മമോ കർമ്മഫലമോ കർമ്മത്തിനുള്ള അധിഷ്ഠാനമായ ശരീരമോ ഒന്നും തന്നെ നമ്മളുടെ കയ്യിലില്ല നമ്മൾ ഫ്രീ ആണ് അത് ആലോ അറിയുമ്പോൾ നമ്മൾ കർമ്മം നമ്മളിലില്ല കർത്തൃത്വം നമ്മളിലില്ല ഭോക്തൃത്വം നമ്മളിലില്ല കർമ്മം ചെയ്യുന്ന ഈ ശരീരം നമ്മളിലില്ല നമ്മളിലില്ല വേദാന്തം പറയണ എക്സാമ്പിൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല എക്സാമ്പിൾ പറയണത് ഒരു ഭൂമിയിലും മരീചിക പോലെയാണ് ശരീരം ആത്മാവിൽ തോന്നണത് എന്നാണ് നമുക്ക് സ്വാനുഭവം വരുമ്പോഴേ അത് അത്ര കൊണ്ട് മനസ്സിലാവുള്ളൂ പക്ഷെ ശ്രദ്ധിക്കും തോറും മനസ്സിലാവും നമ്മളുടെ കോൺഷ്യസ്നെസ് ദർ ഇസ് നോ ബോഡി ഇപ്പൊ ഞാൻ നിങ്ങളെ ചിന്തിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ രൂപം ചിന്തിക്കാതെ എനിക്ക് പറ്റില്ല അല്ലേ നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മ വരണമെങ്കിൽ നിങ്ങളുടെ ഈ ശരീരത്തിനെ ചിന്തിക്കണം പക്ഷെ നിങ്ങൾ നിങ്ങളെ ചിന്തിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കും ഈ രൂപം വരുമോ ഒന്ന് ചോദ്യം ചോദിച്ചു നോക്കാം ഞാൻ എന്നെ എങ്ങനെ ചിന്തിക്കണം ഓരോ ഒരിക്കലും ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ രൂപം വരുമോ ഒരു നമ്മളെ കുറിച്ചുള്ള വസ്തുതന്ത്രജ്ഞാനം എന്നാണ് വേദാന്തം അതായത് പുതിയ അറിവല്ല പക്ഷെ ഉള്ള അനുഭവത്തിന് നമ്മള് നമുക്കൊക്കെ ആത്മാനുഭവമുണ്ട് ആത്മാനുഭവമേ ഉള്ളൂ ശരീരാനുഭവം ഇല്ല പക്ഷെ നമ്മളെ നമ്മൾ ഒബ്ജക്ടിഫൈ ചെയ്ത് നോക്കുമ്പോ ഫോട്ടോ ഒക്കെ നോക്കിട്ടോ നന്നായിട്ടുണ്ടോ ഇതിൽ പോരാ ഇത് കുറച്ചുകൂടെ നന്നാക്കണം പിന്നെ കൂടുതൽ കൂടുതൽ ദേഹമാണെന്ന് ചിന്തിച്ച് പലതും ചെയ്തു കൂട്ടണം അപ്പോ നമ്മളല്ലാത്ത ഒരു വസ്തുവിനെ നമ്മളാക്കാണ് പഴയ കാലത്തൊക്കെ അതുകൊണ്ട് കണ്ണാടി ഒന്നുമില്ല സന്യാസികൾ പ്രത്യേകിച്ച് കണ്ണാടി നോക്കാൻ പാടില്ല എന്നാണ് കണ്ണാടി നോക്കുക ഫോട്ടോ ഇപ്പോഴൊക്കെ നമുക്ക് മീഡിയ തിരിഞ്ഞ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എന്ത് വേണമെങ്കിൽ എടുക്കാം ഇപ്പൊ പഴയ കാലത്തൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോയെ അയക്കാൻ പാടില്ല എന്നാണ് അതൊരു വലിയൊരു തെറ്റായിട്ടാണ് കരുതിയിരുന്നത് എന്താന്ന് വെച്ചാൽ ആ ഫോട്ടോ ഒരു മിസ് റെപ്രസെന്റേഷൻ ആണ് അത് പോട്ടെ അപ്പോ ദേഹം വളരെ ഒരു മിസ്ട്രിയാണത് ക്ഷേത്രം എന്നാണ് ഭഗവാൻ ഇതിന് പറഞ്ഞത് ശരീരത്തിന് ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താർത്ഥം എന്താർത്ഥം ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷേത്രം എന്താ ഒന്നും മിണ്ടാത്തുന്നു ക്ഷേത്രം എന്ന് വെച്ചാൽ വയലാണ് പാടം അമ്പലം എന്ന് മാത്രം അർത്ഥമല്ല അമ്പലം എന്നുള്ള അർത്ഥമില്ല അധികമായിട്ട് വയലാണ് പാടം വിത്ത് വീണ് കിടക്കുന്ന സ്ഥലം എന്നർത്ഥം മുളച്ചു കൊണ്ടേയിരിക്കും അതുപോലെ ഈ ശരീരം എന്നുള്ളത് ഒരു വയലാണ് അതിൽ അത് കാലാകാലത്തിന് മുളകൾ പൊന്തി കൊണ്ടിരിക്കും ആഗ്രഹങ്ങളും അതിന്റെ ഫ്രൂയിഷൻ പീരീഡൊക്കെ ഉള്ള പോലെ ഇതിൽ പല അനുഭവങ്ങളും പൊന്തി കൊണ്ടിരിക്കും ദേഹത്തിൽ കണ്ട് ആശ്ചര്യപ്പെടുകയാണെങ്കിൽ ഇത് തന്നെ വലിയ ഗുരുവാണ് നമുക്ക് ഭാഗവതത്തിൽ അവധൂതന ദത്താത്രേന ഇരുപത്തി അഞ്ചാമത്തെ ഗുരുവാണ് ദേഹം അദ്ദേഹത്തിനെ തന്നെ നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയില്ല ഇന്ന് മെഡിക്കൽ സയൻസ് പുരോഗമിച്ചിട്ടും ഇന്നും അവർക്ക് മിസ്ട്രിയാണ് അല്ലെ ഡോക്ടർമാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാ മതി അവർക്ക് കൂടുതൽ അറിയാം എന്താ അറിയാ അറിയില്ല എന്നറിയാം മിസ്റ്ററി ആണത് അതിലേക്ക് പോകും തോറും അത് ആശ്ചര്യമാണ് വാസ്തവത്തിൽ ദേഹമില്ലെന്നാണ് വേദാന്തിയുടെ ദർശനം ദേഹമില്ല ജഡം എന്നൊരു ആദ്യത്തെ കോൺസെപ്റ്റില് ചൈതന്യം എന്നും ജഡം പറയും കോൺഷ്യസ്നെസ് മാറ്റർന്ന് പറയും പക്ഷെ മാറ്റർ ഇല്ല എവിടെ മാറ്റർ ഇതിനകത്തേക്ക് മൈന്യൂട്ടായിട്ട് പോയാൽ എന്റെ ദേഹം എന്ന് പറയണേ ഈ ദേഹത്തിൽ ഓരോ മൈന്യൂട്ടസ്റ്റ് പോയിന്റ് അത് ഒരാളാണ് അല്ലേ ഒരു ബാക്ടീരിയവോ ഒരു അണുവോ എന്തോ ഒരു ജീവി അതിൻ്റെ ദേഹം നമ്മൾ അതിനെ പറയും അതൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്റെ ഒരു ദേഹമായിട്ട് ഇരിക്കണത് it is filled with millions trillions and billions of i dehatinagathiki poi nokyal jadame illa nammal verde nammalde drishtikonam nnu nokitte adine jadam ennu parayana adile ore onum yananna anubhavathodude chaitanyamayam aanadu muluvan സൂക്ഷ്മം ഏറ്റവും സൂക്ഷ്മ തലത്തിൽ പോയാൽ അവിടെ ഒരാൾ ചിലപ്പോ ഇതുപോലെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കുറെ പേര് ഇരിക്കണുണ്ടാവും അവിടെ നമ്മളിപ്പോ ചിരിക്കുകയാണ് കണ്ടാലൊന്നും ആശ്ചര്യപ്പെടാനില്ല നമ്മളുടെ ദേഹം എന്ന് പറയണതില് ഇപ്പൊ നമ്മളുടെ വീട് എന്നൊക്കെ പറയണ്ടല്ലോ നമ്മൾ പഞ്ചായത്തില് പോയാൽ നമ്മളുടെ പേരൊക്കെ ഉണ്ടാവും പക്ഷെ അതിലെത്ര ആളുകൾ താമസിക്കേണ്ടതല്ലേ പല്ലി എട്ടുകാലി എലി എന്തൊക്കെ അതിനകത്ത് താമസാക്കിയിട്ടുണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് അവര് താമസിക്കുന്നുണ്ട് ടാക്സ് ഒന്നും കൊടുക്കാതെ അവരുടെ ഒക്കെ താമസ സ്ഥലമാണ് അത് അതുപോലെ ഈ ശരീരം എത്രയോ പേര് അവരുടെ ഒക്കെ ദേഹത്തിനൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളുടെ ദേഹം നോക്കി ആശ്ചര്യപ്പെട്ടു കഴിഞ്ഞാൽ വിചിത്രമായിട്ട് തോന്നും അവസാനം എല്ലാം പൂർണമായ ഒരു വസ്തുവിൻ്റെ പല രൂപത്തിലുള്ള പരിവേഷത്തിലുള്ള കളിയാണെന്ന് നമ്മൾ കാണും അന്യ അന്യം ഒന്നുമില്ല എങ്ങനെ എനിക്ക് എൻ്റെ ഉള്ളിൽ അഹം ഞാൻ ഉണ്ടെന്നുള്ള അനുഭവമുണ്ടോ ആ അനുഭവം മാത്രമാണ് സത്യം ആ അനുഭവത്തിൽ അനേകം നാമരൂപങ്ങൾ പൊന്തുണു അതിലൊരു നാമരൂപമാണ് എൻ്റെ ദേഹം എന്ന് പറയുന്നത് അപ്പൊ ഈ അനുഭവത്തിന് ോട്ടെ അപ്പോ ശരീരം എന്ന് പറയണത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുമ്പിൽ അനേക കർമ്മങ്ങളായിട്ടത് വിരിഞ്ഞു വരും കുറച്ച് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമ്മളുടെ സാധനം എന്ന് പറയുന്നത് എന്താ ഈ ശരീരം കൊണ്ട് നടക്കുന്ന കർമ്മങ്ങളിൽ കുറുക്കെ വരാതിരിക്കാം നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പാളിപ്പോണത് കർത്തൃത്വം കൊണ്ടും ഭോക്തൃത്വം കൊണ്ടുമാണ് ദേഹത്തിന് വീണ്ടും വീണ്ടും ദേഹമാണ് ഞാൻ എന്നുള്ള ഒരു ഭ്രമത്തിലേക്ക് വരികയും വ്യവഹാരത്തിൽ അതില്ലാതെ സാധിക്കില്ല അങ്ങനെയാണ് നമ്മൾ ലോകത്തിനെ മുഴുവൻ നിർത്തിവെച്ചിരിക്കണത് നമ്മളെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരും വ്യവഹാരം ചെയ്യുമ്പോൾ ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരും ദേഹമാണെന്നുള്ള ഭാവനയിലാണ് വ്യവഹാരങ്ങളൊക്കെ ബേസ്ഡ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ വ്യവഹാരം അവിദ്യയാണെന്ന് ആത്മജ്ഞാനവും വ്യവഹാരവും കൂടെ ചേർന്ന് പോല ചിലപ്പോ ഭരതൻ ഭാഗവതത്തിലെ രഹുഗണനെടുത്ത് പറഞ്ഞു സൂര്യയോഹി വ്യവഹാരമേനം തത്വാമർശേന സഹമനന്തി അപ്പൊ കർമ്മം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വ്യവഹാരമല്ല ാണ് ജീവിതം തന്നെ സാധനയായിട്ട് തീര സാധന എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റും ജീവിതം എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റല്ല ജീവിതം തന്നെ ഭഗവത് ഭജനമായിട്ട് സാധനയായിട്ട് ആരാധനയായിട്ട് തീരാണ് എങ്ങനെയാ ചെയ്താൽ അതാണ് ഭഗവാൻ പറഞ്ഞത് കാര്യം കർമ്മ കരോതിയ ഒരാൾ ആദ്യമായിട്ട് ചെയ്യണത് എന്താ കാര്യം കർമ്മ കരോതി അയാൾ എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അത് ചെയ്യണു അവിടെ തന്നെ നമ്മൾ പാളിപ്പോയി നമ്മൾ പലപ്പോഴും ചെയ്യണത് എന്ത് ഇഷ്ടമോ അതാണ് ചെയ്യുന്നത് എന്ത് ഇഷ്ടമോ അതല്ല എന്ത് ചെയ്യേണ്ടതോ അത് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ നടുവിൽ ഇല്ല എന്താണോ ഞാൻ ഒരു Given Field of Activity. അതിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണം എൻ്റെ ധർമ്മം എന്താണോ ധർമ്മം സ്നേഹവും എല്ലാം വന്ന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും എനിക്ക് എന്ത് ഇഷ്ടമോ അതല്ല ഇപ്പൊ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു നിങ്ങൾക്ക് മധുരപലഹാരം തരണമെന്ന് എനിക്കിഷ്ടം അതിൽ പല കാരണങ്ങളുണ്ടോ ഒന്നാമത് ഞാൻ ഉണ്ടാക്കിയത് രണ്ടാമത് അത് നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയണം മൂന്നാമത് എൻ്റെ ആതിഥ്യത്തിനെ കുറിച്ച് നിങ്ങളിലൊരു ഭാവന ഉണ്ടാക്കണം ആദിത്യ സൽക്കാരത്തിനെ ഇതൊക്കെ പലതും ഉണ്ടാവാം അതിന് ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്കിഷ്ടം എന്താ നിങ്ങൾക്ക് ആ മധുര പലഹാരം തരുന്നതാണ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അധികം മധുരം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഐ ഒരു പ്രാവശ്യമല്ലേ സാഹചര്യം ഞാൻ കഴിക്കണം ഇത് അധർമ്മമാണ് ചെറിയ ഒരു റിലേഷൻഷിപ്പിലൊരു ഇത് അധർമ്മമാണ് എന്താണോ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഹിതം വെള്ളം മതി വെച്ചാൽ വിശക്കണു ഭക്ഷണമാണ് വേണ്ടത് ഭക്ഷണം ഇല്ല ഒന്നും വേണ്ടെങ്കിൽ ഒരു സ്നേഹത്തോടെ ഒന്ന് രണ്ട് വാക്ക് വർത്തമാനം പറഞ്ഞാൽ മതി കഴിഞ്ഞു ധർമ്മം കഴിഞ്ഞു ധർമ്മത്തില് ഇമോഷൻസ് എക്സൈറ്റ്മെന്റ്സിനൊന്നും സ്ഥാനമില്ല അവിടെ കാര്യം കർമ്മ കരൂത്തി അവൻ ചെയ്യേണ്ടത് ചെയ്യുന്നു എന്തിനു വേണ്ടി നമ്മളുടെ എല്ലാ കർമ്മത്തിന് പുറകിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും എന്തിനു ചെയ്യണം ഈ മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുന്ന് അങ്ങടേക്ക് ചലിച്ച എന്തിനാണെന്നും ഉടനെ ചോദ്യം കർമ്മഫലം സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പുറകിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവണം ആ മോട്ടിവേറ്റിംഗ് ഫാക്ടറിനെ വെച്ചുകൊണ്ടാണ് മനുഷ്യരെ മുഴുവൻ മനുഷ്യനെ അടിമയാക്കുന്നത് അല്ലേ നാപ്പതിനായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പണിയെടുപ്പിക്കും എന്നിട്ട് പത്ത് വർഷം ഇയാൾ നാല്പതിനായിരം രൂപ വാങ്ങി പതിനൊന്നാമത്തെ വർഷം കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ കിടക്കണം എന്ത് പറ്റി ബ്രെയിൻ പ്രവർത്തിക്കണില്ല കൈ അനക്കാൻ വയ്യ കാലക്കാൻ വയ്യ ബാങ്കില് കുറെ ലക്ഷമൊക്കെ ഉണ്ട് ആസ്പത്രി കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞു ആ ബാങ്ക് ഡെപ്പോസിറ്റ് മുഴുവൻ ഇങ്ങോട്ട് തരും അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാമെന്നാണ് ും പറ്റില്ല ഇതാണ് നമ്മൾ ആകെപ്പാട് ചെയ്തു കൂട്ടണത് അനാശ്രിത കർമ്മഫലം കർമ്മഫലം നമുക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ കർമ്മത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ വരും യു വിൽ നോട്ട് ആക്ട് ആസ് എ ഫ്രീ പേഴ്സൺ യു വിൽ ആക്ട് ആസ് എ സ്ലേവ് കർമ്മം ചെയ്യണത് നമ്മളുടെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി ആയി തീരുമ്പോ എന്താവണു എന്തൊക്കെയോ ആയിത്തീരണം വ്യഗ്രത ഉണ്ടാവും ധൃതി കൂട്ടലുണ്ടാവും എന്തൊക്കെയോ ആയിത്തീരണമല്ലോ ശാന്തി ഇല്ല സമാധാനമില്ല റെസ്റ്റ്ഫുൾനെസ് ഇല്ല പ്രകൃതിയിൽ നോക്കൂ മനുഷ്യനല്ലാതെ ബാക്കിയുള്ള ജീവികളൊക്കെ അവരുടെ കർമ്മങ്ങളൊക്കെ വളരെ റെസ്റ്റ്ഫുള്ളാണ് പക്ഷികളെയൊക്കെ നോക്കൂ കുറച്ച് ആഹാരം തിരഞ്ഞു പോവും അത് അവിടെ ഇരുന്ന് പാടും പശു പുല്ല് തിന്ന് കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുന്ന് അയവറക്കെ കൊണ്ട് കിടക്കും അതിൻ്റെ അത്രയും ശാന്തി ഈ ഐ കമ്പനിയിലുള്ളവർക്കില്ല അധ്യാത്മ ലോകത്തിലുള്ളവർക്കില്ല അവരെ മാത്രം ഞാൻ കുറ്റം പറയണില്ല അധ്യാത്മ ലോകത്തിലുള്ളവരും പെടഞ്ഞു ഊട്ടി നടക്കുകയാണ് ലോകം നന്നാക്കാനോ ഉദ്ധരിക്കാനോ എടുത്തിട്ടിട്ട് മറിക്കാനോ എന്തൊക്കെയോ ഉള്ള വ്യഗ്രതയാണ് എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒന്നും മാറിയിട്ടില്ല ഇതെന്തുകൊണ്ട് വരണു നമ്മളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ കർമ്മഫലമാണ് എന്തോ സം പ്രൊഡക്റ്റിവിറ്റി എന്തോ കാണിക്കണം എന്തോ പുറമേക്ക് ഉണ്ടാവണം പുറമേക്ക് പലതും സാധിച്ചെടുക്കാനുണ്ട് ഭഗവാൻ പറയണു അങ്ങനെ പ്രവർത്തിക്കുന്നവനൊരിക്കലും കർമ്മയോഗിയോ സന്യാസിയോ ആവുക ഇവിടെ സന്യാസിയാണ് വാക്ക് സന്യാസിയാണ് ഭഗവാൻ സാധാരണ സന്യാസി എന്ന് പറഞ്ഞാൽ വൈദികമായ അർത്ഥം ഒരു വൈദിക ഒരു ഒരു സമ്പ്രദായമുണ്ട് എന്താ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരാൾ ബ്രഹ്മചാരിയായിട്ടിരിക്കണം ഒരു പന്ത്രണ്ട് വർഷം വേദപാഠശാലയിൽ വേദാധ്യയനം ചെയ്ത് ഈ ഈ ഒരു സിസ്റ്റം എത്ര കാലം നന്നായിട്ട് ഇവിടെ പ്രാക്ടിക്കലായിരുന്നു എന്ന് പറയാൻ വയ്യ പക്ഷെ അത് പ്രായോഗികമായിരുന്ന കാലത്ത് മെജോറിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഈ സിസ്റ്റത്തിലിരുന്നു അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഈ മൂന്ന് വംശങ്ങളും ഇതിന് വഴങ്ങിയവരായി നാലാമത്തെ വംശമായ ശൂദ്രൻ എന്ന് പറയുന്നത് അവർ ഈ സംസ്കാരത്തിന് വഴങ്ങാത്തവരും സ്വതന്ത്രമായ അവർക്ക് എന്താ സംസ്കാരത്തിന് വഴങ്ങാനുള്ള ഒരു യോഗമില്ലാത്തവരുമായത് കൊണ്ട് മാത്രം മാറി നിന്നവരാണ് ശരിക്കും ഈ സിസ്റ്റം നല്ലവണ്ണം ഇരുന്ന കാലത്ത് അവിടെ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആദ്യത്തെ പന്ത്രണ്ട് വർഷം ഇയാള് വേദം പഠിച്ചും അധ്യയനം ചെയ്തും വളരെ സിംപിളായിട്ടൊക്കെ ജീവിക്കും ഗുരുവിന്റെ അധ്യയനത്തിന് ചവിട്ടൽ ജീവിക്കും അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഇയാൾക്ക് അഗ്നി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അഗ്നികാര്യങ്ങൾ എല്ലാ ജാതിക്കാർക്കും ഉണ്ടായിരുന്നു ഔപാസനം എന്ന് പറയുന്ന കർമ്മം ബ്രാഹ്മണനും ഉണ്ടായിരുന്നു ക്ഷത്രിയനും ഉണ്ടായിരുന്നു വൈശ്യനും ഉണ്ടായിരുന്നു ഈ ഔപാസനകർമ്മ ഉണ്ടായിരുന്നു ഈ അഗ്നികാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഗൃഹസ്ഥാശ്രമികളായി ആദിത്യസത്കാരം പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ സമൂഹത്തിൽ നമുക്ക് ആരോടൊക്കെ കടപ്പാടുണ്ടോ ആ കടപ്പാടൊക്കെ തീർത്തുകൊണ്ടും കൊടുത്തു വാങ്ങിച്ചും കൊണ്ട് സമൂഹത്തിൽ ഒരിക്കലും ഒരാൾ ഒരാളെ സഹായിക്കാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളും തിരിച്ചെന്തെങ്കിലും കൊടുക്കണം അങ്ങനെ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഗൃഹസ്ഥൻ സമൂഹമെന്നു പറയണത് നമ്മളുടെ അധ്യാത്മ ഒരു ഘട്ടം മാത്രമാണ് അതിനെയും നിങ്ങൾ കടക്കണം ഒരു സ്റ്റേജിൽ അവിടെയാണ് അയാൾ പതുക്കെ ഈ അഗ്നി കാര്യങ്ങളുമൊക്കെ നിർത്തിയിട്ട് വാനപ്രസ്ഥനും ക്രമേണ സന്യാസിയും ആവുമ്പോൾ ഇയാൾക്കൊന്നും കൊടുക്കാനും വാങ്ങാനും ആരുടെ അടുത്തോ ഒന്നുമില്ല ഇയാൾ പൂർണ്ണമായും ആത്മനിഷ്ഠനായിട്ട് തീരാണ് ജ്ഞാനത്തില് മാത്രമാണ് അയാൾക്ക് ശ്രദ്ധ അങ്ങനെ ആവുമ്പോൾ ഇയാൾ അഗ്നി കാര്യങ്ങളെയൊക്കെ വിടും കുറെ കാലം കഴിയുമ്പോൾ എന്തായി ക്രമേണ ഈ അഗ്നി കാര്യങ്ങളെയൊക്കെ വിടുന്നതാണ് സന്യാസം എന്ന് മാത്രം അർത്ഥം ചെയ്തു സന്യാസം എന്ന് പറഞ്ഞാൽ കാഷായം ഉടുക്കുകയും പേരു മാറ്റുകയും ഇപ്പൊ ഇപ്പൊ ഇന്ന് കാണുന്ന സന്യാസം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സന്യാസമെന്ന് പറഞ്ഞാൽ അവര് സർവകർമ്മങ്ങളും വിട്ട് വേദാന്ത ശ്രവണം ചെയ്യണമെന്നാണ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളെ സന്യാസി എന്ന് വിളിച്ചിരുന്നില്ല കാരണം സൊസൈറ്റിയിലുള്ള പ്രവർത്തനം നിഷിദ്ധമല്ല സൊസൈറ്റിയിലുള്ള പ്രവർത്തനം വേണ്ടതാണ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല പക്ഷെ പ്രവർത്തിക്കേണ്ട ആൾ സന്യാസവസ്ത്രം ധരിക്കാൻ പാടില്ല സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോ അയാൾക്ക് ഇതിന് അധികാരമില്ല എപ്പോഴെ സന്യാസത്തിന് അധികാരമുണ്ടോ അപ്പൊ അയാൾ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ അധികാരി അല്ല സമൂഹത്തിൽ നിന്ന് യൂണിഫോമാണ് സന്യാസം ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടാവില്ല എന്നാലും ഞാൻ ആ ശാസ്ത്രത്തിലുള്ളത് അതേപടി പറയണു അത്രയുള്ളൂ എന്റെ കലർപ്പൊന്നുമില്ല ചോദ്യം ചെയ്താൽ അവരവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം അത് കാര്യം വരെ അപ്പോ സന്യാസം എന്ന് പറയുമ്പോ ശാസ്ത്രീയമായിട്ട് വരുമ്പോ ബാഹ്യമായി സമൂഹത്തിൽ വിട്ടുപോയി അവരുടെ ഒരേ ലക്ഷ്യം വേദാന്ത ശ്രവണമും വേദാന്ത ഒക്കെ ആയിട്ട് തീരാറ പക്ഷെ ആ വേദാന്ത ശ്രവണത്തിന് അധികാരിയല്ലാത്തവൻ എന്നുവെച്ചാൽ അതിനും അവന് പക്വത ആയില്ല അവന് ലോകത്തുനിന്ന് വിട്ടും മനസ്സ് പോകണമെങ്കിൽ അവനെന്ത് ചെയ്യണം ആ ഒരു മിഡിൽ പോർഷനിലാണ് ഭഗവാൻ ഇവിടെ സന്യാസ ലക്ഷണം പറയണത് സന്യാസത്തിനൊരാൾ വെറുതെ നഹി സന്യാസനാദേവ സിദ്ധ്യം സംബന്ധിച്ചത് കാഷായം ഉടുത്തത് കൊണ്ടോ പേരു മാറ്റിയത് കൊണ്ടോ ഒരാളുടെ സ്വാഭാവികമായ ശരീരത്തിൻ്റെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഹാബിറ്റ്സ് ഇതൊന്നും മാറില്ല ഇതൊക്കെ മാറണമെങ്കിൽ അതൊക്കെ യജിച്ച് തന്നെ നീക്കം ചെയ്യണം ഒരു റെവല്യൂഷൻ ഒരു വിപ്ലവം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വഭാവത്തില് അത് യജിച്ചു തന്നെ നീക്കം ചെയ്യണം അതെങ്ങനെ നീക്കം ചെയ്യും ഭഗവാൻ അതിനാണ് ഒരു വഴി പറഞ്ഞത് കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ പ്രവർത്തിച്ച് പഠിക്കുകയാണ് കർമ്മഫലത്തിന് സ്വീകരിക്കാതെ എന്ന് പറഞ്ഞില്ല കർമ്മഫലം നമുക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടറേ പിന്നെ എന്തിനു പ്രവർത്തിക്കുന്നു പ്രവർത്തി ചെയ്യണം അതിനു വേണ്ടി ചെയ്യണം ഞാൻ എന്ത് കർമ്മം ചെയ്യാൻ ഈ ശരീരം വന്നിട്ടുണ്ടോ അത് ഈ ശരീരം ആ കർമ്മം ചെയ്യണു അങ്ങനെ നിസ്സംഗമായ ശരീരം കർമ്മം ചെയ്താൽ അതിൽ കുറെ കഴിയുമ്പോ മറ്റൊരു ശക്തി അതിനകത്തേക്ക് കടന്നു വരും അത് ഈ അടുത്ത കാലത്ത് വളരെയധികം ആ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് പല ആളുകളും അവർ പറയുന്നുണ്ട് ഒരു ആള് കുറെ കാലം സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിച്ചാൽ അയാളുടെ പ്രവൃത്തിയുടെ മണ്ഡലം അസാമാന്യമായി വികസിക്കുമെന്നാണ് എന്നുവെച്ചാൽ അയാളുടെ ഉള്ളിലേക്ക് സമഗ്രമായൊരു ശക്തി പ്രവേശിക്കും ആ സമഗ്ര ശക്തി അയാളുടെ പ്രവൃത്തിയെ ആയിരം മടങ്ങ് ലക്ഷം മടങ്ങ് അധികമാക്കി തീർക്കും അതിൻ്റെ ഇമ്പാക്ട് ഇയാളിൽ അല്പം പോലും ഫലത്തിനുള്ള കാക്ഷയോ കർമ്മത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ആഗ്രഹമോ അല്ല കർമ്മം ചെയ്തിട്ട് വേണം ഞാൻ പൂർണ്ണമാവണമെന്നുള്ള ആഗ്രഹമോ ഒന്നുമില്ല ചെയ്യേണ്ടതാണ് താൻ എന്ന് പറഞ്ഞു ചെയ്യണു അനാശ്രിത കർമ്മഫലം ഇത് വലിയ കർമ്മമൊന്നും ചെയ്യണ്ട അവനവന് എന്ത് കർമ്മം ചെയ്യാനുണ്ടോ അത് ചെയ്താ അടുക്കള പണിയെങ്കിൽ അടുക്കള പണി അവനവന് ചെറിയ ചെറിയ ജോലി എന്തുണ്ടോ ആ ജോലി അങ്ങനെ ചെയ്താൽ ഭഗവാൻ പറയണത് സസന്യാസീച്ച യോഗിച്ച അവൻ സന്യാസിയുമാണ് അവൻ യോഗിയുമാണ്ഗ്നി അക്രിയ അല്ലാതെ ഉള്ള അനുഷ്ഠാനങ്ങളും മറ്റും ഒക്കെ വിട്ടതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാവില്ല ഗൃഹസ്ഥന്റെ ലക്ഷണങ്ങളൊക്കെ വിട്ടതുകൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാവില്ല സന്യാസത്തിന്റെ പ്രിപറേഷൻ ഗൗണ സന്യാസം എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ ഇതിന് പറയണത് പ്രിപറേഷൻ ഫോർ ദറ്റ് ഹയർ സന്യാസം അതിന് കർമ്മം നമ്മൾ എവിടെയിരിക്കണോ അവിടെ നിന്ന് തുടങ്ങണം ഒന്നും മാറ്റാൻ പാടില്ല കാരണം നമ്മളെ എവിടെ വെച്ചിരിക്കണോ അവിടെ നമ്മളുടെ അധ്യാത്മ പുരോഗതിക്ക് വേണ്ട സാമാനങ്ങളൊക്കെ അവിടെ സാമഗ്രികളൊക്കെ അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടാകും നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ള കണ്ണ് നമുക്ക് വേണം പല ആളുകളും ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എവിടെയോ പോയിട്ട് വേണം എന്തോ ആവാൻ എന്തോ പേര് മാറ്റണം എന്തോ വേഷം മാറ്റണം അല്ലെങ്കിൽ എവിടെയോ എടുത്ത് പോയി ഒരു ആശ്രമത്തിൽ പോയി താമസിച്ചിട്ട് വേണം എനിക്ക് സാധന ചെയ്യാൻ എന്നൊക്കെ ധരിക്കുകയാണ് ഒന്നും നടക്കുകയില്ല അതൊക്കെ ചെയ്തു നോക്കിക്കൊള്ളൂ അവസാനം അതൊക്കെ പരാജയപ്പെടും ഏത് സിറ്റുവേഷനിൽ നമ്മളെ ഭഗവാൻ വെച്ചിരിക്കണമോ എന്തൊക്കെ കുഴപ്പങ്ങൾ ചുറ്റുമുണ്ടോ ആ കുഴപ്പങ്ങൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യേണ്ടതായ കർമ്മം അല്പം പോലും ഫലത്തിൽ ആശ്രയിക്കാതെ ആശ്രയം ഭഗവാനെയാണ് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ആ കർമ്മത്തിന് ഒരു ആരാധനയായിട്ട് ഭഗവത് ആശ്രയ ബുദ്ധിയോടു കൂടെ ഫലത്തിനെ ആശ്രയിക്കാതെ എന്നുവെച്ചാൽ ഫലം കിട്ടിയിട്ട് വേണം എനിക്ക് സുഖിക്കാൻ എന്നില്ല ഒരു സന്യാസി അദ്ദേഹത്തിന് ചെറിയൊരാശ്രമം ഉണ്ടായി ആശ്രമത്തില് പുറകെ കുറച്ച് തോട്ടണ്ട് അദ്ദേഹം തന്നെ വാഴ ധാരാളം വയ്ക്കും വാഴ നട്ട് വളർത്തും മെനക്കെട്ട് വിഷമിച്ച് ചാലി കയറി വെള്ളം കൊണ്ടുവന്ന് വെള്ളമൊക്കെ കിണറ്റു മുക്കി കിണത്തുനിന്ന് കോരിയെടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ച് വാഴയ്ക്ക് വെള്ളമൊക്കെ ഇട്ടുകൊടുത്ത് നല്ല നല്ല വാഴ നട്ട് വളർത്തി വാഴ കൊലയ്ക്കും കുറേ ദിവസം കഴിയുമ്പോൾ കുറെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് പരിചയമുള്ള അടുത്തുള്ള ആളുകള് അവർക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല ഇദ്ദേഹം ഇത്രയധികം വാഴ വയ്ക്കണുണ്ട് പക്ഷെ കുറെ ദിവസം കഴിയുമ്പത്തേക്ക് ഈ കായമൊക്കെ എന്താ ചെയ്യണമെന്ന് ഒരു പിടിയില്ല ഇയാളെ കൊണ്ടുപോയി വിൽക്കുന്നതും കാണാനില്ല ഒന്നും കാണാനില്ല അപ്പൊ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു നോക്കി അദ്ദേഹം പറഞ്ഞു ആ അതൊക്കെ വേണ്ടവരൊക്കെ ഉള്ളതാണ് എന്ന് മാത്രം പറഞ്ഞു വേണ്ടവർക്കുള്ളതാണെന്ന് മാത്രം പറഞ്ഞു അപ്പൊ ഇവര് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവർക്ക് അടുത്തുള്ള ചില കൂലിക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോ മനസ്സിലായി മൂന്ന് വർഷമായിട്ട് ഇദ്ദേഹം ഒരേ പോലെ ചെയ്യുന്നുണ്ട് ആദ്യത്തെ വർഷം തന്നെ എന്തായെന്ന് വെച്ചാൽ ഏകദേശം കായൊക്കെ മൂത്തപ്പോ ആരോ വണ്ട് വന്ന് ഒക്കെ കൊണ്ടുപോയി കട്ടോണ്ട് പോയി മോഷ്ടിച്ചുകൊണ്ട് പോയി അടുത്ത ദിവസം രാവിലെ അദ്ദേഹം നോക്കുമ്പോ ഒന്നുമില്ല അതിനായിട്ട് അദ്ദേഹം ബഹളം കൂട്ടിയില്ല വളരെ സന്തോഷിച്ചു അടുത്ത വർഷം പിന്നെയും ചെയ്തു അതേപോലെ മെനക്കെട്ടു ഒരു വിഷമില്ലാതെ അതേപോലെ വാഴ വയ്ക്കുകയും വെള്ളം ഒഴിക്കുകയും വെള്ളം ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തു ആ വർഷവും കൊണ്ടുപോയി കൂടുതൽ സന്തോഷത്തോടു കൂടെ മൂന്നാമത്തെ വർഷം പണി ചെയ്തു അപ്പൊ ഈ അറിഞ്ഞവർ അദ്ദേഹത്തിനടുത്ത് ചൊന്ന് ചോദിച്ചു സ്വാമി എന്തിനാ ഇങ്ങനെ മെനക്കെടണെ എന്ത് മെനക്കെട് അല്ല ഈ വാഴ വെച്ച് ഐ കായ്ക്കണം കണ്ടില്ലേ എത്ര നല്ല നല്ല കായ്കളാ പല വിധത്തിലുള്ള വാഴക്കായാണ് പല വിധത്തിലുള്ള വാഴപ്പഴാണ് കിട്ടണത് ശരി സ്വാമി അതൊക്കെ ഇങ്ങനെ മോഷണം പോയിന്ന് ഞങ്ങള് അറിഞ്ഞല്ലോന്ന് ഏ മോഷണം ഒന്നല്ല ഞാൻ ഈ മെനക്കെടുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്കിപ്പോ വേറെ പണിയൊന്നുമില്ല ഈ ശരീരം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഈ വാഴ വെക്കും തൈ നട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് വെള്ളമിട്ട് കൊടുത്ത് വളർത്തും പിന്നെ ഞാൻ ആദ്യത്തെ വർഷം ഉദ്ദേശിച്ചത് ഇത് കായ്ക്കുമ്പോ ഇതിന്റെ കായൊക്കെ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഈ അടുത്ത വീട്ടുകാർക്കൊക്കെ കൊണ്ടു കൊടുക്കണം അതാണ് എന്റെ ഒരേ ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഇങ്ങനെ ആരോ വന്ന് രാത്രി വന്ന് കൊണ്ടുപോയി അപ്പൊ അടുത്ത ദിവസം ഞാൻ ആലോചിച്ചു നോക്കി ഭഗവാന്റെ ഒരു കൃപ എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് മുഴുവൻ വെട്ടിയെടുക്കണം മെനക്കെടണമെന്ന് രണ്ട് ഇത് ഓരോന്നും കൊണ്ടു കൊടുത്താൽ ചിലപ്പോ നിങ്ങൾക്കൊന്നും വേണ്ടിയിരിക്കില്ല ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോ നിങ്ങൾ അത് കേടുവരുത്തി കളഞ്ഞു എന്ന് വരും ഞാൻ പിന്നെ ഓരോ വീടായി കയറി കൊണ്ടു കൊടുക്കണം ചിലർക്ക് ആവശ്യം ഉണ്ടാവും ചിലർക്ക് ആവശ്യം ഉണ്ടാവില്ല ചിലർ തിന്നും ചിലർക്ക് കേടുവരുത്തി കളയും ഇതിപ്പോ ആ ബുദ്ധിമുട്ടൊന്നും ആർക്കാണോ ആവശ്യം അവർ തന്നെ വന്നെടുത്തോണ്ട് പോണ്ട് എന്റെ പ്രവൃത്തി സഫലമായി പിന്നെ നിങ്ങൾക്കൊക്കെ കൊണ്ടു എനിക്ക് ചെറിയൊരു പ്രതിഫലം കിട്ടും എന്താ പ്രതിഫലം എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷം കണ്ട് ഞാൻ സന്തോഷിക്കും ഇപ്പം അതൊന്നും കാണാനും ഭഗവാൻ വെച്ചില്ല അതുകൊണ്ട് ആ ഡയറക്റ്റായിട്ട് ഐ എനോട്ട് സീക്കിങ് അത് അതിലൊരു ചിലപ്പോൾ ഒരു ആശ്രയം വന്നു പോവും ചിലർക്ക് ആരെങ്കിലും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിന് സന്താപാവും ചിലർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് ആ വാഴപ്പഴം കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാവും അടുത്ത വർഷം കൊണ്ടു തരുമ്പോൾ ആ സന്തോഷം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഈ ബന്ധമൊന്നുമില്ല പ്രവൃത്തി ചെയ്യണു ആവശ്യമുള്ളവർ കൊണ്ടുപോകണം അത് നമ്മളുടെ മുമ്പിലേക്കേ വരാതെ അവർ എടുത്തോണ്ട് പോണത് കൊണ്ട് സമഗ്രം പ്രവിലീയത എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ ശ്ലോകാണ് അതിന്റെ ഫലം മുഴുവൻ ഇൻ ടോട്ടിറ്റി എവിടെയാ പോണെന്ന് എനിക്കറിയില്ല ഞാൻ സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി യാതൊരു വിഷമം കൂടാതെ ചെയ്തുകൊണ്ട് പോവാം നിങ്ങൾ ആരും തടസ്സം നിൽക്കരുത് അവര് യാതൊരു വിധത്തിലും എനിക്ക് വിഷമം തരാതെ കൊണ്ടുപോകണ്ടല്ലോ ഇതേപോലെ അവരെല്ലാ വർഷവും ഒന്ന് കൊണ്ടുപോകണം ഇതാണ് കർമ്മയോഗം അനാശ്രിത കർമ്മഫലത്തിനെ ആശ്രയിക്കണേ ഇല്ലാന്നാണ് ചെയ്യേണ്ട കർമ്മം ചെയ്യണു കാര്യം കർമ്മ കരോതിയാഹം അങ്ങനെ ആരും ചെയ്യണു നമ്മളിപ്പോ ആഹാരം പാചകം ചെയ്ത് കഴിയുമ്പോ ഊണ് കഴിക്കണവരുടെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമല്ലോ അല്ലെ അവര് നന്നായിട്ടേ ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി മെനക്കെടണമല്ലോ ചിലപ്പോ ദേഷ്യം വന്നു വരാം സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ വരണില്ല ഭാഗവതത്തില് അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് സ്ത്രീകൾക്ക് ഈ മുക്തിമാർഗം വളരെ എളുപ്പമാണ് എന്നാണ് എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടെടുത്തോളം ഒരു ഭർത്താവും നാല്പത് വർഷം അമ്പത് വർഷം ഭാര്യയെ പാചകം ചെയ്തിട്ടും നീ നന്നായിട്ട് പാചകം ചെയ്യേണ്ടതെന്ന് പറയില്ല എന്നാലും അവർ ചെയ്യും ചെയ്ത് വെച്ചു കൊടുക്കും കുട്ടികളുമൊക്കെ അമ്മ പാചകം ചെയ്യുന്നത് നന്നല്ല എന്ന് പറഞ്ഞാലും അമ്മ പാചകം ചെയ്യും അല്ലേ അതൊരു നമ്മൾ അറിയാതെ നമുക്കൊരു ചാൻസ് കിട്ടിയതാണ് ഈ അടുക്കള പണി എന്ന് പറയുന്നത് ഒരിക്കലും നികൃഷ്ടമായിട്ട് കണക്കാക്കരുത് ഭാഗവതത്തിലെ വിപ്രപത്നികളെ ഭഗവാൻ ഏറ്റവും അധികം സ്തുതിക്കണതും എളുപ്പത്തിൽ അവർക്ക് ഭഗവത് പ്രാപ്തി കിട്ടിയത് അതുകൊണ്ടാണ് എന്താന്ന് വെച്ചാൽ ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കണത് കയ്യിൽ വീണ് കിട്ടിയിരിക്കുന്ന മുക്തിമാർഗമാണ് ഇത് സാമൂഹികമായിട്ട് ചിലപ്പോ നമുക്ക് ചിന്തിച്ചാൽ നമ്മളെ താഴ്ത്ത് വെച്ചു എന്ന് നമ്മളെ സമ്പാദിക്കാൻ പാടില്ലേ ഇതൊക്കെ ഈ സമ്പാദിക്കാൻ പോണതും ജോലി എടുക്കാൻ പോണതും ഒക്കെ വലിയ പുലിവാലാണ് ആ ടെൻഷനൊന്നും ഒന്നാമത് ഇല്ല രണ്ട് അടുക്കളയിൽ അമ്പത് വർഷം ജോലി ചെയ്തിട്ടും പാചക ശിരോമണി പാചക കലാനിധി അവാർഡൊന്നും ആരും തരാൻ പോകണില്ല അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കണില്ല നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കർമ്മയോഗത്തിന്റെ ഒരു മണ്ഡലത്തിലേക്ക് വീണിരിക്കുകയാണ് അതിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്കതിനൊരു കഴിവുണ്ട് ചെയ്തുകൊണ്ടേയിരുന്നാൽ എളു ത്തിൽ ചിത്തം ശുദ്ധമാവും പല അമ്മമാരും അവരറിയാതെ തന്നെ അവര് പക്വമാവും അതുകൊണ്ട് ആ പാചകം ചെയ്യുക അടുക്കളപ്പണി ചെയ്യാന്ന് പറയണത്തെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് വലിയൊരു സാധനയാണ് അവർ വേറെ നാമം ജപിച്ചിട്ടില്ലെങ്കിലും പൂജ ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല അത് വീണു ഒരു അധ്യാത്മ അനാശ്രിത കർമ്മഫലം കാര്യം ചെയ്യേണ്ട കർമാണോ ചെയ്യേണ്ടത് കാര്യം കർമ്മ കരോതിയ സസന്യാസീച്ച യോഗീച്ച അങ്ങനെയുള്ള ആൾ സന്യാസിയാണ് അയാള് യോഗിയുമാണ് സന്യാസി തന്നെയാണ് യോഗി അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് സന്യാസവും യോഗവും ട്രാൻസ്ലേറ്റ് ചെയ്താൽ വിപരീതാർത്ഥമാണ് യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക സന്യാസം എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയുക രണ്ടും വർബലി അർത്ഥം രണ്ടാണ്